നമ്മുടെ കൽപ്പന വന്നപ്പോൾ നമ്മുടെ കാരുണ്യത്താൽ സ്വലെഹ അലിഹിസ്സലാമിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും നാം രക്ഷിച്ചു തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ശക്തനും പ്രതാപശാലിയുമാകുന്നു